പുരുഷാർത്ഥങ്ങളെ കുറിച്ച് പറയുന്നത് പ്രാപ്ത പൊതുജന്മത്തിൽ പൊതുജന്മ പഠിച്ചിട്ടുള്ളതാണ് യുവരുമ്പഴത്തേക്ക് യുവനാകും ആവർത്തിച്ച് പറയും ഒന്ന് ഈ ജന്മം മറ്റൊന്ന് പൂർവ്വജന്മം പൂർവജന്മത്തിലെ കർമ്മങ്ങൾ ആ കർമ്മങ്ങളിൽ നിന്ന് നേടിയ പൂർവ്വജന്മ സംസ്കാരം അതും ഈ ജന്മത്തിലെ പുരുഷന്റെ പ്രവൃത്തി കാരണം പൂർവ്വജന്മത്തിൽ കർമ്മയും ഇവിടെ ഇല്ലല്ലോ കർമ്മ സംസ്കാരങ്ങൾ ഈ ജന്മത്തിലെ കർമ്മങ്ങളിവിടെ ചെയ്തുകൊണ്ടിരിക്കും ഇത് രണ്ടും തമ്മിൽ എന്താണ് സമ അസമോ തുല്യബലെന്താണ് പുടവും പുട രണ്ടീട എന്ന ആട് പുടവും രണ്ടാട് തുല്യബലം ഇല്ലാത്ത രണ്ടാടുകൾ തമ്മിൽ എങ്ങനെയാണോ യുദ്ധം ചെയ്യുന്നതും പോലെ യുദ്ധം ചെയ്യുന്നത് നിരന്തരം ഈ പ്രയോഗം തന്നെ ആവർത്തിച്ച ആവർത്തിച്ച് പലയിടത്തുണ്ട് അതൊരു ധാരാളമായിരുന്നു തുതിന്റെ ബലമില്ലാത്ത രണ്ട് ആളുകൾ തമ്മിൽ ഇടിക്കുന്നതുപോലെ ഓരോ കർമ്മ സംസ്കാരവും ഈ ജന്മത്തിലെ കർമ്മങ്ങൾ തമ്മിൽ ഫൈറ്റ് ചെയ്തുകൊണ്ട് അൻപീര്യുവാൻ സമൂഹ ശക്തി കുറഞ്ഞവൻ പരാജയപ്പെടുന്നു അപ്പോൾ പൂർവ കർമ്മത്തിൻ്റെ സംസ്കാരങ്ങൾ ശക്തി കുറഞ്ഞതായിക്കോട്ടത് ഈ ജന്മത്തിന് കർമ്മത്തിൻ്റെ ശക്തി പറയുന്നത് അത് ജയ്യം തന്നെ എന്താണ് പ്രവൃത്തി കൊണ്ട് വിജയം ഞാൻ പറയും കഴിഞ്ഞു ദൈവം വിജയത്തിനവേ ഇനിയും പറയും അവിടെ പോയി അങ്ങനെ ഒന്നില്ല ഓവ കർമ്മം ഒന്നില്ല ഇവിടെ പറയുന്നത് എന്താണ് പൂർവ്വകർമ്മം കൊണ്ട് അത് ജയിക്കാമോ അപ്പം എൻ്റെ താല്പര്യം എന്താണോ പൂർവ്വകർമ്മം എല്ലാം ഉണ്ട് എന്നാലത് ഉള്ളതായിട്ട് അതിനെ പരിഗണിക്കുക അല്ലെങ്കിൽ വിലയൊന്നും വയ്ക്കില്ല ഉണ്ടെങ്കിൽ തന്നെ അതിനെ പൗരുഷം കൊണ്ട് ജയിക്കണം എന്നിട്ടും പുരുഷ പ്രയത്നത്തിൽ അങ്ങനത്തെ പ്രാധാന്യം മുമ്പ് വന്നത് അതിന് യഥയന്ം യഥാ സാതന്ത്രേ സദ്യോഗാശ്യതോ അതർ അതുകൊണ്ടെന്താണ് പുരുഷയ യഥിദവ്യം പുരുഷന്റെ പരിശ്രമം തഥ എങ്ങനെ പ്രയത്നിക്കുന്നു അതുപോലെ അതന്ത്രേണ തന്ത്രേട അതന്ത്രേണ എന്ന പാഠോളാണ് കുറച്ചു പരിശ്രമം പുരുഷൻ എന്ത് ചെയ്തു ആലസ്യം കൂടാതെ തന്ത്രം എന്ന് വെച്ചാൽ സദ്യോഗ നല്ല കർമ്മം അല്ലെങ്കിൽ നല്ല പരിശ്രമം കൊണ്ട് എന്താണോ അതന്ത്രേ സദ്യോഗ പുരുഷനെ യഥാ യഥിതവ്യം തഥാ ആശു അത്യജനോലയെ പെട്ടെന്ന് തന്നെ ഇപ്പൊ ഓരോ കർമ്മങ്ങളെല്ലാം ജയിക്കും വിജയം ജയിക്കാം ഭാഗ്യത്തെ ജയിക്കാം ഭാഗദേഹത്തിൽ ജയിക്കാം ഓരോ സംസ്കാരത്തെ ജയിക്കാം അതെന്ത് വേണം മാനസികം കൂടാതെ നല്ല വണ്ണം പ്രവർത്തിച്ച വീണ്ടും പറയുന്നു പുരുഷാർത്ഥം സമാസം അതിബല സ്ഥലം ശബ്ദങ്ങൾ മാറ്റിയിരുന്നു രണ്ടാളുകളെ പോലെ പറഞ്ഞതല്ല തുല്യമല്ലാത്ത ആത്മീയസ്ഥാത്ത ജന്മത്തുള്ള അതിന്റെ ജീവൻ വെച്ചാൽ പൂർവ്വ ജന്മങ്ങളും ജീവിച്ച് അതിബല സ്ഥിതി അതിബലുള്ള വർത്തമാന ജീവിതത്തിന്റെ കർമ്മം പൂർവ കർമ്മങ്ങളെല്ലാം പലാലയപ്പെടുത്തുന്നു അനർത്ഥം പ്രാപ്യലേത്ര ശാസ്ത്രീതാമിപോനുഷ അനർത്ഥം ബലവത് പത്രം ജേയം സ്വപുനുഷം പറയുന്നു ശാസ്ത്രീയമായ ശാസ്ത്രവിഹിതമായ കർമ്മങ്ങൾ അന്വേഷിക്കുന്ന ഒരു അനർത്ഥങ്ങൾ വരാറുണ്ട് സാധാരണ സദാചാരഥനാണ് എല്ലാം വിധിയനുസരിച്ച് ശാസ്ത്രവിധിയനുസരിച്ച് എല്ലാം പ്രവർത്തിക്കുകയും എല്ലാം വരുന്നു പക്ഷേ അനർത്ഥങ്ങൾ അവര് പിടികൂടാറുണ്ട് ൾക്ക് അങ്ങനെ ദുഷ്ടന്മാരെ ഒക്കെ അനർത്ഥങ്ങൾ അങ്ങനെ ഇല്ല സജ്ജനങ്ങൾക്ക് അനർത്ഥം ധാരാളം വരാറ് അതിനെ കുറിച്ച് പറയുക അനർത്ഥ ശാസ്ത്രം നിശ്ചയിച്ച കർമ്മം കൊണ്ടും അനുഷ്ഠിക്കുന്നവർക്കും അനർത്ഥം വരാറുണ്ട് അത് മീമാംസകർ എന്നറിയാണോ വ്യാപാരികർമ്മങ്ങൾ ചെയ്യുന്നു സ്വർഗത്തിനുവേണ്ടി സ്വർഗം പ്രാധാന്യിക്കുന്നു അവിടെ ചെല്ലുമ്പോൾ ചെയ്യുന്നു അവിടെ കഴിയുമ്പോൾ അസുരന്മാരും വന്നു ഓടിക്കുന്നു അപ്പം ദുഃഖം വന്നു അനർത്ഥമുണ്ടാക്കും അതെന്തുകൊണ്ട് അനർത്ഥ കർത്ത ബലം ഈ അനർത്ഥ അനർത്ഥത്തെ ഉണ്ടാക്കുന്നതായ സംസ്കാരം ബലമായിരിക്കുന്നുകൊണ്ടാണോ അപ്പൊ അവിടെ പൂർവ്വ സംസ്കാരത്തെ അംഗീകരിക്കേണ്ടി അംഗീകരിക്കുന്നു ബലവത്തായോ സംസ്കാരം പാപസംസ്ഥ ഉള്ളതുകൊണ്ടാണ് അനർത്ഥത്തിലുണ്ടാകുന്ന പാപമാണ് അത് സംഭവിക്കുന്നത് പക്ഷേ അവിടെ എന്ത് ചെയ്യണം അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വന്തം പൗരുഷത്തെ മനസ്സിലാക്കി പൗരുഷമെന്ന് പറയുന്നു ഈ ജന്മത്തിന്റെ കർമ്മങ്ങളെ മനസ്സിലാക്കി ില്ല അത് മനസ്സിലാക്കിയിട്ട് പരം പൗരുഷമാശ്രൂർണ അശുഭം എന്ത് ചെയ്യുന്നു പരം പൗരുഷമാ അങ്ങനെ എന്തൊക്കെ പൗരുഷം ഈ വർത്തമാനത്തിൽ നമ്മുടെ ശുഭകർമ്മങ്ങൾ സത്കർമ്മങ്ങൾ അതിനെയൊക്കെ ആശ്രയിച്ചിട്ട് ദന്തയിൽ ദന്താൻവിച്ചുകൊണ്ട് പല്ലു കളിച്ചുകൊണ്ട് എന്നുവെച്ചാ അങ്ങേയറ്റം പരിശ്രമിച്ചുകൊണ്ടെന്ന് നടത്തി ദന്തയിൽ ദന്താൻവിച്ചു കൊണ്ട് പല്ലിറുപ്പുക പല്ലുകളോടുകൂടി പൗരുഷത്തോടു കൂടി പ്രവർത്തിച്ചത് സുഖേന അശുഖം യുക്തം പ്രാർത്ഥന പൂർവ എന്താണോ ൂർവമായ അശുഭം ഉദ്യുക്തം അനുഷ്ഠിക്കപ്പെട്ടതായ അശുഭത്തെ അശുഭകൗരുഷത്തെ വന്ന സംസ്കാരത്തെ ഇപ്പോഴത്തെ ശുഭകർമ്മം കൊണ്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ കൂടുതൽ പാപ് ഇപ്പോ ഈ ജന്മത്തിൽ കൂടുതൽ പൊളിയിൽ എന്നിട്ട് ആ പാപത്തെ നശിപ്പിക്കത്തൊക്കെ പൊള്ളിച്ച് അങ്ങനെ പൊലിപ്പും ചെയ്യുന്നതിലും വളരെയധികം പരിശ്രമമാണ് അങ്ങനെ നൃത്തത്തെ ഒഴിവാക്കാമെന്നോ പൗരുഷം കൊണ്ട് ഒഴിവാക്കാമെന്നും അപ്പൊ അത് അപ്പോ സത്കർമ്മങ്ങൾ ചെയ്ത് സദാകാര ദുരുഷന്മാരായിട്ട് ജീവിക്കുന്നവർക്ക് എന്തുകൊണ്ടും ദുരിതം എന്നും അവരെ വേണ്ടത്ര പരിശ്രമിക്കുന്നുണ്ടായി പോരാ വീണ്ടും വീണ്ടും എന്ത് ചെയ്യണം ദൃന്ദിച്ചു അങ്ങനെ കഠിനമായും പരിശ്രമിച്ച് കഴിഞ്ഞാൽ പൂർവ്വ സംസ്കാരത്തെ ജയിക്കാൻ പറ്റും എന്നുവെച്ചാൽ ഒരു അന്നദ്ധവും പ്രാപിക്കാതെ ഒരു മനുഷ്യന് ജീവിക്കുന്ന നടക്കും ഇവിടുത്തെ കഥാപാത്രമായ ഈ ഉപദേശമൊക്കെ ആയിട്ട് കൊണ്ടിരിക്കുന്ന രാമനെ പറ്റിയിട്ടില്ല ഈ ഉപദേശിക്കുന്ന വാശിന് പറ്റിയിട്ട് പലതരം ആത്മഹത്യക്ക് ശ്രമിച്ച ആളാണ് പുരാണിന് നടക്കുന്നതായിരിക്കും പിന്നെ അതുകൊണ്ട് ഇത്രയും മാത്രം നമുക്ക് പരിശ്രമിക്കുക അന്നെ ഒരു ആശയമാണ് ബാക്കിയുടെ അർത്ഥഭാഗമായിട്ടുണ്ട് അതിന്റെ അത്ര പരിശ്രമിക്കുക എന്നുള്ള ഭാഗം കൊണ്ട് അതിനപ്പുറം ഒരുപാട് കേൾക്കുന്നത് പോലെയാണ് പ്രശ്നം പ്രാക്തന അസൗ പുരുഷാർത്ഥ ആ പൂർവകർമ്മങ്ങൾ മാം യോജയ പ്രേരിപ്പിക്കുന്ന നിരന്തരം എന്നുള്ള ഈ ബുദ്ധിയുണ്ടാകും അസൗദി ബല അധസ്പതി കാര്യമാണ് ബലം പ്രയോഗിച്ച് അധസ്പ ചവിട്ടിത്താഴ്ത്തേണ്ടതാണ് പദസ്പതി പ്രയോഗിച്ച് ചവിട്ടിത്താഴ്ച ഉള്ളതാണ് ആ വിചാരി എന്തുകൊണ്ട് പ്രത്യക്ഷ അധിക രസ ആ ഒരു ബുദ്ധിയുണ്ടല്ലോ അത് ഈ പ്രത്യക്ഷമായ പൗരുഷത്തക്കാളം വരുന്നുണ്ട് അങ്ങനെ ഒരു ചിന്ത വരുന്നുണ്ട് കർമ്മങ്ങൾ പ്രബലമാണ് ഇന്നൊരു ചിന്ത വരുന്നത് എന്ന് ചമത്തിത്താൾ എന്നിട്ട് പരിശ്രമിക്കുക എന്നുള്ളതാണ് അതും ഒരു പ്രചോദനം പ്രചോചനം എന്നിപ്രയാം പ്രവർത്തിക്കുന്ന സാഹചര്യം എടുത്താമോ പ്രാർത്ഥന മോദം അശുഭം ശാന്തി തവം ഈ ജന്മത്തിന് ഈ കർമ്മങ്ങൾ താവത്താവ പ്രവർത്തിച്ചുകൊണ്ടേ ഏതുവരെ പ്രാപ്തനും പൗരുഷവും യാവശു പൂർവ്വ അസുഖങ്ങൾ ശമിക്കുന്നതുവരെ പൂർവ്വ അസുഖങ്ങൾ ശമിക്കുന്നതുവരെ പ്രവർത്തിക്കുമ്പോഴേ സ്വയം ഇതൊക്കെ അദ്വൈത സിദ്ധാന്തത്തിന് എന്തിനാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടോ അങ്ങനെ കർമ്മം എന്താണ് ഈ പാപങ്ങളെല്ലാം നശിക്കുന്ന ഒരു പ്രവർത്തിച്ചുകൊണ്ടേ കാരണം ഭക്ഷ്യകാരൻ പറയുന്ന എന്താണ് ഈ പാപം എന്ന് പറയുന്നത് അനാദി ജന്മങ്ങളെ പ്രാവമാണ് നിനക്കൊരിക്കലും ഈ പാപങ്ങളെ ഇല്ലാതാക്കാൻ കഴിയില്ല എത്ര പ്രവർത്തിച്ചാലും ഈ ഒരു ജന്മം കൊണ്ട് ഒരു വഴിയോ എന്താണ് ജ്ഞാനാദി സർവകർമ്മമായി ഞാനാഗ്നിയും കൊണ്ടേക്കാൻ പറ്റും ഇവിടെ പറയുന്ന എങ്ങനെ എന്താ എന്ന് പറഞ്ഞാൽ ഇതില്ലാതാകുന്നവരെ അശുഭം യാദം അശുഭമായ കർമ്മങ്ങളെല്ലാം സാമ്യത യാവത് ശമ്യം യാവത് ശാമ്യതെന്ന് പറഞ്ഞാൽ ഈ പൂർവത്തിലെ അശുഭകർമ്മങ്ങളെല്ലാം ശമിക്കുന്നതുവരെ ഈ ഒരു ജന്മത്തിൽ തന്നെ ചെയ്യണം നടക്കുന്ന കാര്യമാണ് സാധ്യമെന്നാണ് പറയുന്നത് ഈ നമ്മുടെ പ്രാർത്ഥന സംസ്കാരവും കൂടെ പറയുന്നത് എത്രയാണ് മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പൊ അതിനെ ശമിപ്പിക്കാന്ന് പറയുന്നത് ഒരിക്കലും കർമ്മം കൊണ്ട് സാധിക്കുന്ന കാര്യമേ അതിന് എന്താണ് കർമ്മങ്ങൾ എന്നെ ഒഴിവാക്കി എല്ലാം ഉപേക്ഷിച്ചിട്ട് ഞാൻ അതിനെ ഈ പറയുന്ന അഭ്യയതിലെ ഞാൻ പറയുന്നതാണ് ഇതിന്റെ എന്റെ അഭ്യുതവും എന്ന് മനസിലാക്കാൻ വേണ്ടിട്ടാണ് എനിക്ക് പറയുന്നത് സ്വയം മനസ്സിലാവുമെന്ന് വിചാരിച്ചു അഭ്യതം മനസ്സിലാക്കി കേൾക്കുമ്പോ അത് മനസ്സിലാക്കുന്നത് നിനക്ക് രത്തിലും തികച്ചും അപ്രായോഗികവും അദ്വൈതമായിട്ടും എന്നാൽ ഇതൊരു അദ്വൈത ഗ്രന്ഥമായിട്ടാണ് പറയുന്നത് ഇത് നമ്മൾ പഠിക്കുന്നതുകൊണ്ട് മനസ്സിലാവണം ഇതല്ല അദ്വൈതും അല്ലാതെ ഞാവ് അസുഖം വിശ്വസിക്കുന്നതുവരെ കർമ്മം ചെയ്തുകൊണ്ടേ ഇരിക്ക മനുഷ്യന് സാധ്യമായ കർമ്മത്തെ ഉപേക്ഷിക്കുക പേക്ഷിച്ച് പൗരുഷത്തിന് പ്രാധാന്യമാകുന്ന അടിസ്ഥാനപരമായി തന്നെ ആത്മീയതയ്ക്കെതിരാണ് ആത്മീയത എന്ന് പറയുന്ന ഒരു പൊതുസങ്കല്പ അതിന് ആണ് കാരണം അങ്ങനെ ഈ പൗരുഷം കൊണ്ട് നേടാൻ കഴിയില്ല എന്ന് പറയുന്നത് കൊണ്ടാണ് എന്താ പറയുന്നത് ഈശ്വരനെ ആശ്രയിക്കുക നിങ്ങൾക്ക് പൗരുഷം കൊണ്ട് നേടാൻ കഴിയാൻ കഴിയുന്ന ശേഷം സർവധർമാത്പരിത്യജ്യം എന്ന് പറയുന്നതിന് പിന്നെ അർത്ഥമില്ലാതെ ഈ പൗരുഷത്തെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ പൗരുഷത്തിന്റെ എന്താണ് ഒരേ ഒരു പറയുന്നത് വേണ്ടി കർമ്മങ്ങൾ അനുഷ്ഠിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എന്താണ് ആ പൗരുഷം എന്ന് പറയുന്നതിന് അവിടെ തന്നെ ത്യജിക്കുകയാണ് അഹന്തയും മമതയും ഒക്കെ ഉപേക്ഷിച്ചു കർത്തൃത്വ ഭക്തൃത്വ ബുദ്ധിയൊന്നും ഇല്ലാതെ കർമ്മം ചെയ്യുകയാണ് അത് പുരുഷ പ്രയത്നത്തെ ആശ്രയിച്ചിട്ടല്ലാതെ ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്യുക എന്നൊക്കെ പറയും അപ്പൊ അടിസ്ഥാനപരമായ ആത്മീയ ആശയങ്ങൾ വിദഗ്ധമാണ് ഈ കാര്യം അതിന് അഗ്നി അവിടെ എന്താ പറഞ്ഞത് അതിനുശേഷം എന്താ പറഞ്ഞിരിക്കുന്നത് ആ അതോടൊപ്പം പറഞ്ഞു പരാഗശ്രേഷ്ഠന്മാരായ ഗുരുക്കന്മാരെ സമീപിച്ചിട്ട് എന്തു ചെയ്യണം ജ്ഞാനം ഉണ്ടാവണം എന്നോധത ബോധം ഉണ്ടാവണമെന്നാണ് ഇവിടെ കിടന്നും പണിയെടുക്കാനല്ല ശ്രീരാമന് അത് മുമ്പോട്ട് ചെന്ന് മനസ്സിലാവും ശ്രീരാമനെ കൊണ്ടുപോകുന്നത് സമാധിയിലേക്ക് അവളെ തെറ്റവിടത്തേക്ക് വരികയാണ് അവിടേം പൗരുഷം തന്നെ ഉപേക്ഷിക്കേണ്ടി ഒരു ഭാവമുണ്ട് ഈ പറയുന്ന രാമന്റെ വൈരാഗ്യത്തെന്ന് പിന്മലിച്ച് കല്യാണം കഴിപ്പിക്കണമെന്നുള്ള അജണ്ടയൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ ഉള്ളപ്പോഴും വീണ്ടും ബ്രാഹ്മിണീ സമാധിയിലേക്ക് കൊണ്ടുപോകുന്നു അതിൻ്റെ മഹത്തെക്കുറിച്ച് പറയും പിന്നെ അങ്ങനെയാണെങ്കിൽ തന്നെയും എന്താണ് അശുഭകർമ്മങ്ങൾ നശിക്കുന്നതുപോലെ കർമ്മം ചെയ്തുകൊണ്ടേ ഇരിക്കാവ അർത്ഥശൂന്യമാണ് മനുഷ്യന് സാധ്യമായ കാര്യമില്ല ഇതൊക്കെ വെറും അർത്ഥവാദങ്ങളായിട്ടുണ്ട് അല്ലാതെ ഒന്നും അതുകൊണ്ട് ആണ് ഇത് പറയുന്നത് ഇതൊന്നും അല്ല അദ്വൈവം ഇതൊക്കെ മതപ്രഭാഷകൾ ഇതും ദേദ അദ്വൈതമായിട്ട് എന്തല്ലാന്ന് തിരിച്ചറിയുന്നുണ്ടോ അതിനു വേണ്ടിയിട്ടാണ് ഇതും അദ്വൈതമാണെന്ന് തിരിച്ചറിയാം ദോഷശാമിത്യസന്ദേഹം പ്രാപ്തനോ അദ്ദേഹം ഗുണയെഷ്ടം അത്ര ഹ്യസ്ഥനസ് ദോഷശാന് അത്യ ഗുണയിൽ ഇത് ശരിയാണ് അപ്പോ ഇന്ധനയുള്ള ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് മാറുന്നു ഭൂപിഷ്ടനാണ് അപ്പോൾ സമ്മതമാവികൾ ഒക്കെ അയാൾ പരിശീലിക്കുകയാണെങ്കിൽ അതിനൊക്കെ നിയന്ത്രിക്കാനോ ജയിക്കാനോ ഒക്കെ കഴിയുന്നു അതൊരു ശരിയായ കാര്യമാണ് എനിക്ക് പിന്നെ ഈ സാധനങ്ങളൊന്നും കൊണ്ടേ ഇല്ലാതെ അയാളങ്ങനെ മനഃപൂർവ്വം പരിശ്രമിക്കുകയാണ് ദോഷങ്ങളെ ഗുണങ്ങളെങ്ങോട്ട് വിജയിക്കാൻ പറ്റിയ ശാസ്ത്രത്തിലാണ് എന്റെ പറയുന്നത് അതൊക്കെ ശരിയാണ് അപ്പൊ നടക്കുന്നതിനുള്ള കാര്യങ്ങൾ നമുക്ക് അംഗീകരിക്കാം നടക്കാത്ത കാര്യങ്ങളാണ് അംഗീകരിക്കാൻ ഇത് ഉദാഹരണമായിട്ട് പറഞ്ഞതാണെങ്കിൽ ഉദാഹരണം ശരിയാണ് ദൃഷ്ടാന്തം ശരിയാണ് പക്ഷേ ഇത് അഷ്ടാന്തം എന്ന് ചോദിക്കുന്നത് കാരണം നടുതാനുഭവത്തിലുള്ള കാര്യം കൊടുക്കും നമുക്കേതെങ്കിലും ഒരു ദോഷമുണ്ടെന്ന് മനസ്സിലാകുമ്പോൾ ആ ദോഷം വെച്ചത് മാനസികമായ ഗുണങ്ങളാണ് ദോഷത്തെ മാറ്റാൻ നമ്മൾ ആത്മാർത്ഥമായി പരിശീലനമാറ്റിഷ്ടാന്തത്ര ഈ ദൃഷ്ടാന്തം ശരിയാണ് അതിന്റെ അതിനെ കുറിച്ച് ദാഷ്ടാന്ത ഇതിനെ നിഷ്ടാന്തം കഴിയുന്നു പറഞ്ഞു ദോഷ കഴിഞ്ഞ ദിവസത്തെ ദോഷങ്ങൾ കഴിഞ്ഞ ദിവസം ചെമ്പുള്ള ദോഷം അദ്ദേഹം കൂടെ ക്ഷേമം എന്നുള്ള ഗുണങ്ങളൊക്കെ എന്നിട്ട് പിന്നീട് അനുഷ്ഠിക്കുന്ന ഗുണങ്ങളൊക്കെ ക്ഷയി ദോഷം പ്രാപ്തനോ അദ്ദേഹം ോഷ്യസന്ധ്യവും സംശയമില്ല ദോഷങ്ങളെന്തെങ്കിലും വിശ്വസിക്കുകയും പ്രാർത്ഥനകൾ മുമ്പുള്ള ദോഷങ്ങൾ അത്യന്തസമാണ് നമ്മുടെ അനുഭവത്തിലുള്ള കാര്യം ഓരോ അസീനങ്ങളെ ഉപേക്ഷിക്കാൻ പറ്റും ദോഷമാണെങ്കിൽ എന്താണ് അന്വേഷിക്കേണ്ട കാര്യങ്ങൾ ഇത് ശരിയാണ് പക്ഷേ പറഞ്ഞാൽ ഇത് ദൃഷ്ടാന്തമാകില്ല ദൃഷ്ടാന്ത ഹ്യസ്ഥനഷ ദോഷ സംസന്ദേഹം പ്രാക്തനവും അദ്ദേഹം ഗുണൈഹി പ്രാക്തന ദോഷ അദ്ധ്യത ഗുണൈ അസന്ദേഹം ഇഷ്ടമനം കൃഷ്യ ദോഷസേ അസദ്ദൈമ കൃക്തയാ സംസാരം തരണം ഭൂത്തിയതാ അസദ്ദൈവ അധ കൃത് അസസ് ദൈവം ഈ ദുഷിച്ച ദുർബി അതിനെ അധക്രത്തിക്കാകും അതിനെ ഇല്ലാതാക്കിയിട്ടും അവഗണിച്ചിട്ടെന്നും അങ്ങനെ കീഴ്പ്പെടുത്തിയിട്ടും എന്താ അത് ഇവിടെ ഇവിടെ പറയുന്ന ആളാണ് ഈ പ്രകടത്തിൽ പറയുമ്പോഴും അതാണ് ശാമി അതിനെ ശമിപ്പിക്കുക എല്ലാ അർത്ഥങ്ങൾ അങ്ങനെ ചെയ്തിട്ട് നിത്യം ഉദ്രയാ എല്ലാ ദിവസവും ഉണർന്ന ഉന്മേഷമുള്ള മനസ്ബുദ്ധിയോടു കൂടി മനസ്സോടുകൂടി പ്രയത്നശീലമുള്ള മനസ്സോടുകൂടി ആത്മനെ സംസാരോത്തരണം ആധാവിഭോക്തി തന്നിൽ സംസാരോത്തരണം അഥാ വിമോക്ഷത്തെ കൊണ്ടുവരുന്നതിന് വേണ്ടി ഇത് മോക്ഷത്തെ പ്രാപിക്കുന്നതിന് വേണ്ടി ബുദ്ധി എന്തെയല്ല അതിനു വേണ്ടുന്ന ആ മോക്ഷത്തിന് വേണ്ട വേണ്ടുന്ന ബോധ്യം ഗുണങ്ങളാണ് ഉദ്ദേശിക്കുന്നത് ശമതമാധി ശ്രവണമനങ്ങൾ ഇതെല്ലാം ഇതിനു വേണ്ടി പരിശ്രമിക്കുക ശരിയാണ് പരിശ്രമിക്കും മോക്ഷക്കാർ കഴിക്കുന്നവന്തി ചെയ്യണം പരിശ്രമിക്കണം പൂർവ്വസംസ്കാരത്തെ നശിപ്പിക്കണോന്നൊക്കെ പറയുന്നത് ശരിയാണോ ദോഷം പക്ഷെ അത് ലിംഗൻ എന്നുള്ള അത് പൗരുഷം കൊണ്ടോ അല്ല നശിപ്പിക്കില്ലെന്ന് പറഞ്ഞാൽ ആത്മീയ സാധനങ്ങൾ കൊണ്ട് നശിപ്പിക്കുക എന്ന് പറഞ്ഞ കർമ്മയോഗം പുഷ്കാമംഗം കൊണ്ടോ ഭക്തി കൊണ്ടോ യോഗം കൊണ്ടോ എങ്ങനെയൊക്കെ ചെയ്യും പരുഷം എന്ന് പറയുമ്പോൾ പുരുഷന്റെ കർമ്മം എന്നാണ് അപ്പോ ആ പുരുഷന്റെ കർമ്മത്തിന് ഇവിടെ വിശേഷം കൊടുക്കുന്ന യത്നം പരിശ്രമം ശാസ്ത്രത്തിൽ വിധിച്ചിരിക്കുന്ന കർമ്മങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതിനോട് എന്താണ് ഇവിടെ പറയാത്ത പല കാര്യങ്ങളും കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ ശരിയാവും പറയുന്ന അർത്ഥത്തിൽ എടുത്താൽ ശരിയാണ് മറ്റു കാര്യങ്ങളും എന്താണ് ഈശ്വരഭക്തി ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൂടെ ചേർക്കുക നിഷ്കാമന്മ കർമ്മമായ പോലെ ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞാണ് പക്ഷെ അങ്ങനെ വരുന്ന എന്ന് പറയുന്നതിന്റെ ആ പ്രാധാന്യം കുറയും അതെന്താണ് താൻ തന്റെ പരിശ്രമം കൊണ്ട് നേടേണ്ടതെന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത് അവിടെയാണ് പ്രശ്നം അപ്പൊ കുറച്ചുകൂടി മയത്തിൽ പറയാവുന്ന സ്ഥിതിയാവും രീതിയിലൊക്കെ പറയുന്നുണ്ട് കർമ്മണേ അഹി സംസ്കൃതയും അസ്തിക അവിടെ ഈ കർമ്മത്തെക്കുറിച്ച് പറയുന്നുണ്ട് പക്ഷെ അത് പറയുമ്പോൾ അതിനോട് കൂട്ടിച്ചേർക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ ഇതെല്ലാം മത്സ്യസായിട്ട് കർമ്മയോഗം ഭക്തി ധ്യാനയോഗം എല്ലാം കൂടെ ചേർത്താ അവിടെ പറയുന്നു അങ്ങനെ പറഞ്ഞു ശരിയാണ് ഇവിടെ എന്താണ് ഇടത് കുറിച്ചാ പറയുന്നത് രണ്ടാടുകൾ പിന്നെ ഇതുപോലെ പൂർവ്വകർമ്മങ്ങളോടുകൂടി ഏറ്റുമുട്ടണമെന്നാണ് പറയുന്നത് ഈ ജന്മത്തിലെ കർമ്മം കൊണ്ട് ഏറ്റുമുട്ടുന്നു അതുകൊണ്ട് എന്താണ് വഴിയുണ്ടോ കർമ്മങ്ങളോട് ഈ ജന്മത്തിനുള്ള കർമ്മങ്ങളോട് ഏറ്റുമുട്ടാൻ പോയാൽ കൂടി ഏറ്റുമുട്ടിച്ചു നടത്തുക ബലമുള്ളതും ബലം ഇല്ലാത്തതുമായ രണ്ടു ആടുകൾ എന്തെങ്കിലും ചെയ്താൽ ഒരു ആടുകളുടെ കാര്യം പോക്ക മറ്റേ പക്ഷെ രണ്ടുപേരെയുള്ള പ്രാക്തന കർമ്മം എന്ന് പറയുമ്പോൾ അനാഥി ജന്മം കൊണ്ട് തമ്മിൽ അത് ഏറ്റുമുട്ടി പരാജയപ്പെടുത്താൻ പറ്റില്ല അതുപോലെ യുദ്ധം ചെയ്യണമെന്നാണ് പറഞ്ഞത് അതങ്ങനെയാണല്ലോ ദന്ത ദന്തയാണ് പല്ല് എറങ്ങിപ്പോയി ഈ പല്ല് എറങ്ങിയൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളെ നമ്മൾ നമ്മൾ യുദ്ധം ചെയ്യുമ്പോഴാണ് പല്ലിറങ്ങുന്നത് അങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളൊന്ന് ഇത് ഇതാണോ കുറച്ച് ഓവറാക്കി പറഞ്ഞത് ഇതേ ഒരു പ്രശ്നമില്ല ഇത്രയും ഓവറാക്ക ചികിത്സയില് ഇതെന്ന വഴി വിഷാദത്തിന്റെ ചികിത്സയിലുള്ള വഴിയെന്ന് പറയുന്നത് എന്താണ് ശരിക്കുള്ള ബോധവൽക്കരണം ഇത് വീണ്ടും പുതിയ വിഷാദത്തിലേക്ക് കൊണ്ടുചു നടക്കാത്ത കാര്യങ്ങളെല്ലാരും പറയത്തില്ല ഇത് കുറച്ചുകൂടി വിഷാദമുള്ളവന് ആദ്യം ചെയ്യും അതിന് സമാധാനം ഉള്ളത് ഇതെന്നും പറഞ്ഞ വിഷാദം അടുത്ത പുതിയ വിഷാദം പണ്ടെറങ്ങിക്കൊണ്ട് പൈറ്റിയ വിഷാദമായ ഒരിക്കലും പറയും സംസാരോത്തരണം ഉത്തരണം ബോധ്യതയും ആധാകമാങ്കിൽ നകം അനന്വ്യവേയും സമയം പക്ഷകർക്കഭി അനന്ത്ോ യുഗൈ സാമ്യം പുരുഷകർത്തേ ഉോകൃതയെ പുരുഷകർത്ത മനുഷ്യർ കഴുത്തേക്ക് വൃത്തിയില്ലാത്തവരെന്നുള്ള എല്ലാം അനുദ്യോഗിക പ്രയത്നം കൂടാതെ സമയം നഗന്ധ്യം മുക്തിയെ പ്രാപിക്കാൻ കഴിയത്തില്ല ശരി മുക്തിക്ക് വേണ്ടി പരിസരം ആവശ്യമാണ് അപ്രയുന്നത് ശരിയാണ് ഉദ്യോഗസ്ഥർ യഥാശാസ്ത്രം പ്രയത്നം എങ്ങനെ വേണം യഥാശാസ്ത്രം ശാസ്ത്രം പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ലോകത്തി ലോകത്തി ലോകത്തിനയം എന്ന് പറയുന്നതിന് പ്രധാനമായി വരുന്ന ഈ ലോകവും പരലോകം അപ്പൊ അതും മനസ്സിലാക്കാം എന്താണോ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഈ ലോകത്തിന് ജീവിക്കുന്നതിനും പരലോകത്തിനു വേണ്ടിയും പരലോകത്തിന് നമുക്ക് മോഷവും നടക്കാം രണ്ടിനു വേണ്ടിയിട്ടും പരിശ്രമവും യഥാശാസ്ത്രം വീണ്ടും കുഴപ്പത്തിലെങ്കിൽ യഥാശാസ്ത്രം എന്ന് പറയുന്നത് വലിയ വലിയ ആശയം ഉൾക്കൊണ്ടത് ഇന്നും ദിവതൊക്കെ ശരിയായ ശാസ്ത്രമനുസരിച്ചെന്നുള്ള വാക്ക് പൂർണ്ണമായും ആ പഴയ സന്ദർഭങ്ങളിൽ നിന്നും എടുത്തുമാണ് എവിടെ ായിരത്തിൽ ഞാനെന്ന് പറയത്തില്ല എന്റെ അഭിപ്രായത്തിൽ യഥാശാസ്ത്രം ശാസ്ത്രമനുസരിച്ച് പ്രവർത്തിക്കാൻ പോലും ഇവിടെ ഉദ്ദേശിക്കുന്ന ശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ് വേദ സ്മൃതി ഇതിഹാസ പുരാണങ്ങൾ അതനുസരിച്ച് പ്രവർത്തിക്കാൻ പോയ തുടങ്ങിയ അസംബന്ധമാണ് തികച്ച പല പല പ്രശ്നങ്ങൾ ആത്മീയമായാൽ നമ്മുടെ ആ പഴയ ശാസ്ത്രങ്ങൾ ഏതെടുത്താലും ആദ്യത്തെ ചോദ്യം നല്ല എന്താണോ എന്ത് പ്രവർത്തിക്കണമെന്നൊന്നാലും ആദ്യം എന്താണ് വരുന്നത് അത് പ്രവർത്തിക്കുന്നതിന് ഞാൻ അധികാരിയാണോ ആ ചോദ്യത്തിൽ അതുകൊണ്ടാണ് ആ ശാസ്ത്രത്തെ പാടേം പൂക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നത് പ്രവർത്തിക്കുന്നതിന് നീ അധികാരിയാണോ എന്നുള്ള ചോദ്യം വരും കാരണം അന്നത്തെ ധർമ്മം കഴിഞ്ഞത് അതാണ് ആ ധർമ്മം അപ്പൊ അധികാരിക പ്രവർത്തിക്കാൻ പറ്റും അപ്പൊ അധികാരി എങ്ങനെ നിർണ്ണയിക്കും ജാതിക്കനുസരിച്ച് നിർണ്ണയിക്കും ലിംഗഭേദം അനുസരിച്ച് നമുക്ക് ആദ്യ പുരുഷനാണോ സ്ത്രീയാണോ തോന്നുന്നു അത് ഏറ്റവും പ്രഥമ വിധികളനുസരിച്ച് ചിലപ്പോൾ അതിന് ചില അപൂർവ അപവാദങ്ങളൊക്കെ വരും അത് ഒഴിവാക്കഴിഞ്ഞാൽ ശാസ്ത്രവിധി അനുസരിച്ചാണെങ്കിൽ അധികാരിയാണെങ്കിൽ ആദ്യ പുരുഷനാണോ ജന്തുവിനാ നല്ല ജന്മ ആദ്യം മനുഷ്യന്മ കിട്ടണം ആദ്യം തന്നെ ആരാവണം പുരുഷനാണ് തതോവിപ്രത പിന്നെന്താവണം ബ്രാഹ്മണനാണ് ഇങ്ങനെയൊക്കെയുള്ള ജാതി വിവേചനത്തിന അധികാരി തന്നെ കൊണ്ട് ആശ്വാസത്തെ എങ്ങനെ സ്വീകരിക്കാൻ പറ്റും ഇന്നത്തെ കാലഘട്ടത്തിൽ ുംതോ വിപ്രതമാ വൈദികധർമ്മർഗപരത ഇപ്പോ ഈ വിപ്രതെന്ന് പറയുമ്പോൾ ഇന്നത്തെ ശൂദ്രന്മാരും പ്രത്യേകിച്ച് ശൂദ്രസ്വാമിമാരും പറയാം ഞങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് അതെല്ലാം അവിടെ പറയുന്നത് വൈദികധർമ്മമാർഗരത വിദ്വത്വം അസ്മാരം വൈദിക ധർമ്മത്തിലൂടെ സഞ്ചരിച്ച് അതിലൂടെ വിദ്വാനാകുന്നു ഇത് പറയുന്നത് വിവേകം കൂടാ എനിക്കത്ര താല്പര്യമില്ലെങ്കിലും ഇത് കൊണ്ട് പഠിച്ച അല്ല ഇതൊക്കെ പരമമായ സത്യവും തന്നെ പഠിച്ചത് പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് പോപ്പി എന്താ പഠിക്കുന്നതിന്റെ യാഗങ്ങൾ ശ്രദ്ധിയുണ്ട് അതുകൊണ്ട് നമ്മളെ ഇപ്പോഴും മനസ്സിലാക്കുന്നു ആദ്യം പഠിച്ച ദിവസമാണ് ഒരു ഗുരുവിന്റെ അടുത്തുള്ള പഠിച്ച ദിവസമാണ് അപ്പൊ വളരെ ചോദ്യങ്ങൾ ചോദിച്ചു നമ്മൾ എന്തായി പറഞ്ഞിരിക്കുന്നത് ഇപ്പം സ്ത്രീയായ പെട്ടത്തിന്റെ ഞാൻ ചോദിച്ചിട്ടുണ്ട് അങ്ങനൊരു കൂടെ എന്തുവരവ് വ്യാഖ്യാന ശരംഗം നേരെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇതാണ് വിപ്ലെന്ന് പറഞ്ഞാൽ ഇന്നതാണ് അപ്പോ പിന്നെ വൈദിക ധർമ്മമൊക്കെ പറഞ്ഞു അത് അത് അന്നത്തെ വൈദികം ഇന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇങ്ങനെയൊക്കെ പറയാം എല്ലാ വിധത്തിലുള്ള ആൾക്കാർ ഇങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്റെ അത് പഠിപ്പിക്കുന്ന ഒരു അതാണ് എനിക്ക് വലിയ രസം അവരാണ് ഇതൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്നത് ബ്രാഹ്മണ ജോലിൻ്റെ ആൾക്കാരും പഠിപ്പിക്കുന്നുണ്ട് അവർ മാത്രമേ സത്യസന്ധമായി ഉപയോഗിക്കാനുള്ളൂ എന്താണ് എഴുതിയിരിക്കുന്നത് അത് അതുപോലെ തന്നെ പറയും ഒരു ദുർവ്യാഖ്യാനം ചെയ്തു സൂദ്ര ഗുരുതന്മാരാണ് ഇതിനായിട്ട് വ്യാഖ്യാനിച്ച പക്ഷേ അതൊരു ഇതാണ് എൻ്റെ ശരിക്കും പഠിച്ചിരിക്കുന്നതാണ് അത് രീതിയിൽ വ്യാഖ്യാനിക്കാൻ പറ്റുന്ന വിപ്ലവിപ്രം തന്നെ വൈദിക ധർമ്മം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഒരുപാട് പുരുഷ പുരുഷങ്ങൾ അത് എന്താണോ വൈദികധർമ്മം എന്ന് പറഞ്ഞാൽ കോൺസി കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ഒന്നും അല്ല ഇങ്ങനെ കിടക്കുന്നു ഏതോ ബിലോധർമ്മമോ പലതനാധികാര നാട് മുഴുവൻ പ്രസംഗിച്ചുകൊണ്ടാണ് എന്നാണ് ധർമ്മത്തിന് പ്രമാണമായിരിക്കുന്ന എന്താണോ അഖിലവേദം ഇതെവിടെയാ പറഞ്ഞിരിക്കുന്നത് മനുസ്മൃതി എന്നിട്ട് തൊട്ടടുത്ത് പറയും ഞാൻ വേണ്ടിയിരിക്കുന്ന ഈ ഗ്രന്ഥം നിലമനുസ്മൃതി എന്ന് പറയുന്നത് വേദമൂലമാണ് അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത് വേദമൂലമാണോ തൊട്ടടുത്ത് പറയും വേദത്തിൽ പറഞ്ഞിരിക്കുന്ന ധർമ്മങ്ങളെയാണ് ഈ പറഞ്ഞിരിക്കുന്ന മുഴുകൾ പിന്നെ എന്താ പറയുന്നത് പറഞ്ഞു വന്നിട്ട് പിന്നെ നാല് ജാതികളെ കുറിച്ച് പറയും അത് ജന്മം കൊണ്ട് തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയും സംശയം വരെ എന്നിട്ട് അവസാനം പറയും ശൂദ്രന്റെ ധർമ്മം എന്താണ് അനസൂയ ഒരു തരത്തിലുള്ള അസൂയം വിചാരിക്കാതെ ബ്രാഹ്മണൻ ക്ഷത്രിയം വൈശ്യൻ എന്ന് പറയുന്ന ഈ സേവ ചെയ്യുകയാണ് അപ്പൊ സൂത്രന്റെ കുട്ടികളൊന്നാണ് സൂത്രന് ഒരു ധർമ്മമേ ഉള്ളൂ മനസ്സുള്ളിയാണെങ്കിൽ സൂത്രന് ധർമ്മമേ ഉള്ളൂ എന്താണോ ബ്രാഹ്മണൻ ക്ഷത്രിയം വൈശ്യൻ മൂന്ന് പേരുടെയും സേവ അതും അസൂയയില്ലാതെ ിൽ സൂദ്രനും ഒരിക്കലും സന്യസി സന്യാസോന്ന ധർമ്മശൂദനും പാടില്ല എന്നിട്ടാണ് ഈ സൂദ്രസന്യാസി പ്രസംഗിക്കുന്ന എന്താണ് ഏതോ കിലോ ധർമ്മം മൂലം ജനങ്ങളും പോലെ ഇതൊക്കെയും ഉണ്ടാകുന്നതാണ് നല്ലതെന്ന് വിചാരിക്കുന്നു ഈ ലഭ്യ തൻ്റെ എല്ലാ ശാസ്ത്രങ്ങളിലും പറയും യഥാശാസ്ത്രം എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും തള്ളിക്കള അത് മനുഷ്യനെ വിഭജിക്കുന്നതും മനുഷ്യന്റെ അവകാശങ്ങൾ ഇപ്പോ സ്ത്രീകളുടെ ധർമ്മം എന്താ പറയുന്നത് നമ്മുടെ ശാസ്ത്രങ്ങൾ റിയാമോ അറിയണം മനസ്മൃത്തിൽ എന്താ പറയുക സ്ത്രീകളുടെ ഗ്രഹം ഗ്രഹഭരണം വീട്ടു കാര്യങ്ങൾ നോക്കുക ഒരു ധർമ്മമേ ഉള്ള സ്ത്രീ ഏറെ ഒരു ധർമ്മ ഇന്ന് ചെയ്യുന്ന സ്ത്രീകളുടെ ഓരോ തൊഴിലും സ്ത്രീ അമ്മ വീട്ടിലകത്തിരുന്നു ഇത് പറയുന്നത് നമ്മുടെ സ്മൃതി ഇതിഹാസ പുരാണങ്ങളിലും എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ട് എവിടെയാണ് താലിബാൻ ഏ അവര് ഇതാ പറയുന്നില്ല സ്ത്രീയെ നമ്മൾ കണ്ട കഴിഞ്ഞ ദിവസം വളരെ വൈറലായ പാട്ട് എന്റെ ഉറുദു ഭാഷയിലാണ് പാട്ട് വളരെ മനോഹരമായ പാട്ട് ഒരു പാകിസ്ഥാൻ മുല്ലയാണ് അത് അതിന് ലക്ഷക്കണക്കിന് വ്യൂസ് അതുപോലെ ലൈറ്റ് ഇടം കിട്ടിയൊരു വിവട്ട് സൂപ്പർ ഞാനത് മുഴുവൻ കേട്ടു അത്രയും നല്ല പാട്ട് എന്താ ഈ പറയുന്നതെന്ന് അറിയാമോ പെൺകുട്ടികളെ വിദ്യാഭ്യാസത്തിലിരിക്കുന്നത് അതിന് അനുകൂലിച്ചെത്ര പേരാണ് പറയുന്നത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ പാടില്ല ഒരു സ്കൂളിൽ പോയാൽ ഡാൻസ് ചെയ്ത് ഇതാ പറയുക അപ്പൊ വിദ്യാഭ്യാസം പാടില്ല എന്ന് പറയുന്ന നമ്മുടെ ഈ സ്കൂളുകളും ഗ്രാണങ്ങളും എല്ലാം പറയുന്നു നിങ്ങൾ എവിടെ എന്തെങ്കിലും ഒരപവാദമായിട്ട് എന്തെങ്കിലും എടുത്തുകൊണ്ടുവന്നാൽ ഞാൻ സമ്മതിക്കാറുണ്ട് പക്ഷെ വിധി ഇതാണ് വിധിക്ക് അപവാദം പിന്നെ ഭാരതത്തിലെ ധർമ്മശാസ്ത്രം എന്ന് പറയുന്നത് കുറഞ്ഞ രണ്ടായിരം വർഷമെങ്കിലും നിലകുന്നത് ആ അതാണ് സംശയം അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത് ഇപ്പോ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ രക്ഷപ്പെടുന്നു ഇതൊക്കെ ഓരോരുത്തർ പഠിപ്പിച്ചു വിടുന്നു മനസിലായി അതായത് അത് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ഇന്നിപ്പോ ഒരുപാട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് സ്ത്രീ സംവരണം റിസർവേഷൻ ഇന്നിട്ട് സ്ത്രീ സംവരണം വേണമെന്നു പറഞ്ഞൊരു വാദം എന്തുകൊണ്ടാണ് അതുണ്ടായത് എന്തുകൊണ്ടും അങ്ങനൊരു വാദം ഉണ്ടായിരുന്നു റിസർവേഷൻ ഏ ആ സ്ത്രീകളെ ദീർഘകാലം പുറത്തിറങ്ങിയ കൊടുത്ത് അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് നിലയ്ക്ക് പോയി അപ്പോൾ നമ്മുടെ ത്രിതല പഞ്ചായത്തിൽ മേലോട്ട് പോയ അസംബ്ലിയിലും പാർലമെന്റിലൊക്കെ സ്ത്രീകൾക്ക് പ്രത്യേക സംവരണം വേണമെന്ന് പറഞ്ഞ് ഒരുപാട് വർഷങ്ങളായി ഇപ്പോ ബി ജെ പി ഗവണ്മെന്റ് അത് പാസ്സായി പക്ഷെ ഉടനെയും നടപ്പിലാവില്ല ഈ സ്ത്രീ സംഭരണമെന്ന് പറയുന്ന റിസർവേഷൻ എന്ന് പറയുന്നൊരു പ്രശ്നം അവിടെ കാരണം സ്ത്രീകള് എന്താണ് സ്വാഭാവിക രീതിയിലുള്ള സ്ത്രീകൾക്ക് ഈ സ്ഥലങ്ങളിലൊന്നും പ്രവേശനം കിട്ടാത്ത എന്തുകൊണ്ടും സ്ത്രീകൾ പുറന്തള്ളപ്പെട്ടു എന്താ കാരണം അപ്പൊ ഇത് എവിടെയെങ്കിലും നടപ്പിലാക്കിയിട്ടുണ്ടോ ഇപ്പൊ വ്യക്തമായി ഇത് സ്ത്രീകൾ ലോകത്തെല്ലാരും പുറന്തള്ളപ്പെട്ടു ആ ലോക ആ ലോകത്തൊരിടത്തും മനുസ്മൃതിയില്ല അതാണ് അതിന്റെ വർത്തേക്കുന്നത് അത് തന്നെ ഞാൻ പറയുന്നു എന്റെ വ്യത്യാസം ലോകത്തെല്ലായിടത്തും സ്ത്രീകൾക്ക് വിവേചനം നേരിട്ടിട്ടുണ്ട് ലോകത്ത് ഒരിടത്തും മനുസ്മൃതി ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിനുവേണ്ടി വേണ്ടി ഇതിനെ നിയമമാക്കിയത് ലോകത്തെ കടത്തുവിട്ടു അതാണ് രണ്ട് നമ്മളുടെ വ്യത്യാസം ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടി സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാക്കുന്നത് നമ്മുടെ അങ്ങനെ നോക്ക് ഭാരതത്തിലെ നമ്മുടെ സംസ്കൃത സാഹിത്യങ്ങളിൽ തന്നെ നോക്കും മഹാഭാരതം രാമായണവും തുടങ്ങി ഇങ്ങോട്ടുള്ള നമ്മുടെ സംസ്കൃത രചനകൾ നോക്കും ഈ രചനകൾ സ്ത്രീകളെല്ലാം എത്ര ബുക്കുകളുണ്ട് എത്ര ബുക്കുണ്ട് ഇപ്പൊ പ്രാചീന കാലഘട്ടത്തിൽ നമ്മുടെ ഭാരതത്തിൽ ഇതൊക്കെ എഴുതിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള ഗ്രന്ഥങ്ങൾ പുറത്തുണ്ടായിട്ടുണ്ട് നിങ്ങളെ പഠിപ്പിച്ചു വിടുന്നത് നിങ്ങൾ പൊട്ടന്മാരായ ജനങ്ങളോട് പറയാൻ പറ്റും അപ്പോ ഇവിടെ എന്ന് എന്താണ് വളരെ ഉഷ്ഠമായൊരു സാഹിത്യം ഉണ്ടായിരുന്നു സാഹിത്യം <ợprosyal> ീ സ്ത്രീകൾക്ക് ഈ സാഹിത്യത്തിൽ ഇവിടെ സ്ത്രീകൾക്കുണ്ടായിരുന്ന പങ്കെന്ന് പറയുന്നത് ഒരു ശതമാനം എന്ന് വേണമെങ്കിൽ പറയാം ഒരാളെ രണ്ടുപേരെയും ആ കാലഘട്ടം അതാണ് അപഭാവം എന്ന് പറയുന്നത് അപ്പൊ സ്ത്രീകൾ എന്തുകൊണ്ട് എഴുതിയില്ല സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിന് അവസരമില്ല സ്ത്രീകൾക്ക് എന്തുകൊണ്ട് വിദ്യാഭ്യാസത്തിന് അവസരം ഉണ്ടായില്ല അത് നിഷേധിച്ചതോ ബലാൽ അതിനു കൂടുതലൊന്നുകൊണ്ടാണ് മനസ് പ്രതിയെ നോക്കിയാൽ ഇനി മനുസ്മൃതി നടപ്പിലായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു മനുസ്മൃതി നടപ്പിലായിട്ട് എന്താണ് ഇവിടെ എന്തുകൊണ്ടും ഇത്രയധികം വിവേചനം ഇവിടെ നിലനിന്നു മനുസ്മൃതി പറയുന്ന തരത്തിലുള്ള ആചാരങ്ങൾ എങ്ങനെ നിലനിർത്തി വിവേചനം എന്തുകൊണ്ട് സ്ത്രീകൾ മാത്രമല്ല ശൂദ്രന്മാരെന്തുകൊണ്ട് അനുഭവിച്ചു നിങ്ങൾക്ക് മനസ്മൃതിയെ രക്ഷിച്ചെടുക്കുന്നുണ്ടോ എന്ന് ഇത്തരത്തിലുള്ള വാശ നിങ്ങളും സ്ത്രീകളെ ശൂദന്മാരെയും രക്ഷിക്കാൻ നോക്കുക എന്നിട്ട് മനുസ്മൃതിയെ കൈവിട്ടുകയാണ് അല്ലാതെ മനുസ്മൃതിയെ രക്ഷിച്ചിട്ട് നില ഉം രാജഭരണമു സ്മൃതി അനുസരിച്ച് പരിക്കാവൂ കാരണം മനുസ്മൃതി തന്നെ എന്താണ് രാജാവിന്റെ കർമ്മങ്ങളെ കുറിച്ച് പറയപ്പെടുന്നത് പക്ഷെ ഈ പറയുന്ന പോലെ എന്താണ് ഈ വെളിപ്പിക്കാൻ പരിപാടി പരിപാടും നടക്കുന്നു നമ്മുടെ മലയാളത്തിൽ ആധുനിക കാലങ്ങളൊന്നും മനുസ്മൃതിയുടെ വ്യാഖ്യാനമാണ് സിദ്ധനാഥാനന്ദ സ്വാമിയുടെ സ്ത്രീ സ്വാതന്ത്ര്യം അർഹതക്ക് മലയാളത്തിൽ അടുത്തുള്ള രീതിയിൽ അറിയാൻ പറ്റും സ്ത്രീ അനാഥയാക്കാൻ പാടില്ല സ്ത്രീകൾ ആരെങ്കിലും അത് വേഗമുണ്ട് എന്നാ സ്ത്രീ സ്വാതന്ത്ര്യം അർഹത എന്ന് പറയുന്നതിന് സ്ത്രീ അനാഥയാക്കാൻ പാടില്ല പഠിപ്പിക്കലെന്നു പറഞ്ഞു അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ അത് അത് ഉണ്ടാക്കുന്ന ഇതാണ് ഇത് നീ ഉണ്ടാക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ തൊട്ടു മുമ്പിലത്തെ പദ്ധ്യത്തിൽ ഏതാണ് സ്ത്രീയെ സ്വതന്ത്രകാര്യ അതിന് തൊട്ടുമുമ്പ് പറയുന്നതാണ് സ്ത്രീകൾ ഒരിക്കലും സ്വതന്ത്രരാക്കരുത് അവിടെ അർത്ഥം എഴുതിയിരിക്കുന്ന എന്താണ് സ്വതന്ത്രരാക്കരുത് എന്ന് അനാഥയാക്കരുത് ഇതേ ആശ ഈ വ്യാഖ്യാനം എനിക്ക് ആകുന്നൂടെ ഈ പതിനഞ്ചാം അധ്യായത്തിനും ഇതൊമ്പതാം അധ്യായത്തിനാണ് ഈ പതിനഞ്ചാം അധ്യായത്തിനൊക്കെ ഇത് വീണ്ടും ആവർത്തിക്കുന്നുണ്ട് എന്നാ സ്ത്രീ സ്വതന്ത്ര വ്യാഖ്യവാസി അവിടെ എല്ലാ എഴുതിയിലാണ് സ്ത്രീയെ സ്വതന്ത്രയാക്കരുത് പക്ഷെ ഈ ഒരു പദ്യം വളരെ പ്രസിദ്ധമാണെന്നാണ് സ്ത്രീ സ്വാതന്ത്ര്യമർഗതി ഇത് കമ്മ്യൂണിസ്റ്റുകാരും മറ്റൊരു ഇതെടുത്ത് പ്രയോഗിക്കും അതുകൊണ്ട് ഇവിടെ മാത്രീ ഒരു തരികിടാണ് വ്യാഖ്യാതെ ഏ എല്ലാം വേറെടുത്ത് അതുപോലെ തന്നെ എഴുതിപ്പിച്ചു ഇതൊക്കെയാണ് കാപട്ട്യം ഇതൊക്കെ എഴുതിയിരിക്കുന്ന ഒരു സന്യാസിയാണ് ആ മനുഷ്യനെ ഞാൻ കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ഇതിനെയാണ് വെള്ളമടിക്കുക എന്ന് പറയുന്നത് വെളുപ്പിക്കുകയാവുമ്പോൾ മലയാളത്തിൽ പറയുന്നവർ ഞങ്ങളിൽ അതിന്റെ പിന്നിൽ എന്താണ് അവർ എന്തുകൊണ്ടിവരെങ്ങനെയൊക്കെ ചെയ്യുന്നു അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എന്നാണ് പറയുന്നത് പൊളിറ്റിക്കൽ ഇൻഡോയിസ് അതാണ് എന്റെ പിന്നിൽ പ്രവർത്തി അല്ലാതെ സംസ്കൃത പാണ്ഡിത്യമോ ഒരു വ്യാഖ്യാനത്തോടുള്ള സത്യസന്ധതയോ ഇതിനെയൊക്കെ വെളുപ്പിച്ചിട്ട് രണ്ടും തെറ്റാണ് നിങ്ങള് എന്താണ് ഡെമോണൈസ് ചെയ്യുക എന്ന് വെച്ചാൽ വിശാചവത്കരിക്കുക എന്ന് പറയുന്ന ഒന്നും അത് ശരിയല്ല അതേസമയം വെളിപ്പിക്കുക രണ്ടും ശരിയല്ല എന്റെ മധ്യത്തിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ നോക്കി കാണും ഉള്ളതിനുള്ളതുപോലെ തന്നെ മനസ്സിലാക്കും നമുക്ക് നമ്മുടെ ഭരണഘടന ഉണ്ടാക്കി അവിടെ മൊറാലിറ്റിയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മൊറാലിറ്റി എന്നുള്ള രീതിയിൽ ചർച്ച ചെയ്യുന്നില്ലെങ്കിലും ഈ വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അവിടെ ഒരു പറയുന്ന ഒരു കാര്യമാണ് എന്താണോ ഈ ഭരണഘടനയിൽ നിലവിൽ അതുവരെ ഉണ്ടായിരുന്ന പ്രജകളാണ് രാജാവിന്റെ കീഴിലുള്ളത് ഇതുവരുമ്പോൾ പിന്നെ പൗരന്മാരാണ് സിറ്റിസൻസാണ് പ്രജകളല്ല ഇപ്പൊ പ്രജകളില്ല അപ്പോ ഈ പൗരന്റെ ഓരോ പൗരന്റെ അന്തസ് ഡിഗ്നിറ്റി അത് സംരക്ഷിക്കണമെന്നാണ് എന്തുകൊണ്ടാണ് അത് പുറത്തേക്ക് എഴുതി ഓരോ ഒരു രാജ്യത്തെ ഒരു ഭരണഘടന അവിടെ ഡിഗ്നിറ്റി സംരക്ഷിക്കണം അന്തസ് മനുഷ്യ അന്തസ് സംരക്ഷിക്കണമെന്ന് എന്തുകൊണ്ടാണ് വെച്ച് പുറത്തേക കാരണം ഡിഗ്നിറ്റി നിരന്തരം നശിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ് എന്റെ മുന്നിൽ പ്രധാനിയായും പ്രവർത്തിക്കുന്നത് ആരെയാണ് ഡോക്ടർ ഭക്തർ ഗു മനസ്സിലായിട്ടുണ്ട് ജീവിതത്തിൽ എന്താണ് എൻ്റെ ഡിഗ്നിറ്റിയെ നശിപ്പിക്കുന്നത് അട്ടോണങ്ങൾ പ്രത്യേകിച്ച് എന്താണോ സ്വയം നിയന്ത്രണാവകാശം നിങ്ങളുടെയും പറയുന്ന ശാസ്ത്രജ്ഞന എന്താണ് അവിടെയെല്ലാം വിധിയാണ് അതിനകത്ത് നിങ്ങൾ സ്വയം നിയന്ത്രിക്കാൻ പറ്റും നിങ്ങളുടെ ജാതിക്കനുസരിച്ച് നിങ്ങളിൽ അടിച്ചേർത്തിയിരുന്നതിന് നിങ്ങളുടെ വിധേയനായ ലഭിക്കും ഭരണഘടനയിൽ പറയുന്നതല്ല നിങ്ങൾക്ക് സ്വയം നിയന്ത്രണാവകാശമുണ്ട് പിന്നെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നു ഭരണഘടനയുടെ ഏറ്റവും പ്രാധലായ വിഭാഗം എന്താണ് ആത്മനിയന്ത്രിതമായ സ്വാതന്ത്ര്യം അതുവരെ ഇവിടെ സംഭവിച്ചിരുന്നു ഈ സ്മൃതിയിലൊക്കെ എന്താണ് ചെയ്യുന്നത് മറ്റുള്ളവര് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കണം ഭരണഘടന നിലനിന്ന് കഴിഞ്ഞപ്പോ എന്തായാലും ഓരോ പൗരന്മാർക്കും ആത്മനിയന്ത്രിതമായ സ്വാതന്ത്ര്യം അല്ല നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ആര് നിയന്ത്രിക്കണം നിങ്ങൾ തന്നെ നിയന്ത്രിക്കണം നിയന്ത്രിച്ചില്ലെങ്കിൽ അവിടെ പോയി സമുട്ടാറുണ്ട് നിയന്ത്രിച്ചില്ലെങ്കിലേ ഉണ്ട് നിങ്ങളെ സ്വാതന്ത്ര്യത്തെ നിങ്ങളെ നിയന്ത്രിച്ചാൽ പോലീസിന്റെ പണ്ടാൾക്കും ഇന്നും ആവശ്യം മറ്റൊരാളല്ല നിയന്ത്രിക്കേണ്ടത് സ്വയം നിയന്ത്രണ അവകാശം നമുക്ക് ഓരോരുത്തർക്കും തന്നിരിക്കണം സ്ത്രീ ആയാലും പുരുഷനായാലും ശരി അവിടെ ലിംഗ വിവേചനം പാടില്ല ഓരോരുത്തർക്കും മനുഷ്യ അന്തസ്സാണ് സ്ത്രീയും പുരുഷനും ഇതൊന്നും ഇല്ലാതിരുന്നില്ല ഇതൊന്നും ഇല്ലാതിരുന്നതുകൊണ്ടാണ് ഇതിനൊക്കെ വളരെ പ്രാധാന്യം അത് എന്താണ് ഒരു കാലത്തെ വ്യവസ്ഥിതി എന്ന് ഞാൻ പറയുന്നു പ്രത്യേകിച്ച് ഒരാളെ കുറ്റപ്പെടുത്തുകയല്ല ഒരു കാലത്തെ വ്യവസ്ഥിതി അതായത് അത് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഭരണഘടന അപ്പോ ഈ പറയുന്ന കാര്യങ്ങളെയാണ് എന്താ നമ്മളെന്തായിട്ട് മനസ്സിലാക്കേണ്ടത് ധർമ്മം എന്ന് മനസ്സിലാക്കേണ്ടത് അല്ല ഈ കിതാബുകളുടെ എഴുതി നല്ല ധർമ്മം ജാതിക്കനുസരിച്ച് എന്റെ ധർമ്മം എന്ന് പറയുന്ന നല്ല ധർമ്മം ഇന്നും അങ്ങനെ ഒരു ധർമ്മവും ഇല്ല മനസിലായി അപ്പൊ നിങ്ങൾ പുറത്തുപോയി പ്രസംഗിക്കുന്ന ധർമ്മ നിങ്ങൾ തെറ്റിദ്ധരിക്കുകയാണ് ഞങ്ങളെ ആൾക്കാരെ ധർമ്മം പഠിപ്പിക്കണം നിങ്ങൾ പുറത്തുപോയി പറയുന്ന എന്താണോ ഇവിടെ ഹിന്ദുക്കളെ നനയ്ക്ക് മനുഷ്യർ പാരമ്പര്യമായി ചിന്തിച്ചു വന്ന ജല ആചാരങ്ങൾ ജനവിശ്വാസങ്ങൾ ഇത്രയൊക്കെ പറയുന്ന എല്ലാം അറിയുന്നതും കൊണ്ടും ഇതാണ് പറയും ആകാം അത് പറയാൻ കുഴപ്പമൊന്നുമില്ല ധർമ്മപ്രചാരകരെന്ന് പറയുന്ന ആൾക്കാരെ പഠിപ്പിക്കുന്ന ഇതൊക്കെയാണ് എന്താണ് പാരമ്പര്യമായ വിശ്വാസങ്ങളും ആചാരങ്ങളും ജനങ്ങളെ അനുഷ്ഠിക്കണം അപ്പോൾ അത് അങ്ങനെ ചെയ്യാം എല്ലാ മതക്കാരും അതാ ചെയ്യണം ക്രിസ്ത്യാനികൾ പറയുന്നു അതാണ് അവരുടെ മതത്തിന്റെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും പ്രചരിപ്പിക്കുന്നു മുസ്ലിങ്ങൾ അവരുടെ പ്രചരിപ്പിക്കുന്നു ഹിന്ദുക്കൾ അവരുടെ പ്രചരിപ്പിക്കുന്നു ഇതൊന്നും ഇന്നത്തെ ധർമ്മമല്ല അതിനെങ്കിൽ പറയാം എന്താണ് ഞങ്ങൾ ആത്മീയ പ്രചാരകരെന്ന് പറയുന്നത് ധർമ്മപ്രചാരകരെന്ന് പറയുന്നു നിങ്ങൾക്ക് ആത്മീയതയാണെന്ന് പറയാം ആത്മീയത എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് മനസ്സിലാക്കുന്നത് ഓരോ മതത്തിന്റെ ആത്മീയത വരെയാണ് അപ്പൊ ഞങ്ങൾ ഹിന്ദു മതത്തിന്റെ ആത്മീയത അപ്പൊ ഞാൻ എന്തുകൊണ്ട് ധർമ്മപ്രചാരകനാകില്ല എന്ന് പറഞ്ഞൊന്നും മനസ്സിലാക്കില്ല നിങ്ങൾക്ക് ധർമ്മപ്രചാരകനാകാമെന്ന് ഞാൻ പറഞ്ഞെന്തുകൊണ്ടെന്ന് അറിയാമോ എന്താണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും ബോധമില്ല ബോധമില്ലാത്തവർ എന്തുവാകും ധർമ്മം മാറി ശാസ്ത്രമനുസരിച്ചുള്ള ധർമ്മമാണ് ഇതും എന്താണോ നമുക്ക് നമ്മുടെ ഭരണഘടന അനുവദിച്ചു തരുന്ന ഒരു സൗജന്യമല്ല ഇതൊക്കെ നമുക്ക് ഉള്ള നമ്മുടെ അവകാശങ്ങളാണ് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ആവിഷ്കാര സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം ഇതെല്ലാം എന്താണോ ഇവിടെ എല്ലായിടത്തും പറയും നിരന്തരം പരിഷ്കരിച്ചുകൊണ്ടിരിക്കുന്ന നിയമങ്ങൾക്ക് വിധേയമായി ഇതെല്ലാം നമുക്ക് ഇതാണ് ധർമ്മം ഇന്നത്തെ ധർമ്മമൊന്നും കഴിയും അപ്പം മനുഷ്യൻ അതിന് അനുസരിച്ച് മനുഷ്യൻ ജീവിക്കുകയാണെങ്കിൽ ജീവിക്കണമെന്നുള്ള ഒരു കാഴ്ചപ്പാട് ഇതിനെക്കുറിച്ച് ആൾക്കാർ ബോധിപ്പിക്കും അതിനെക്കുറിച്ചുള്ള വിദ്യാഭ്യാസവും ബോധവത്കരണവും സമൂഹത്തിന് വരുത്തണം നിങ്ങളുടെ ഇപ്പോഴേ കിത്താബുകൾ കഴിഞ്ഞിരിക്കുന്ന അസംബന്ധങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ആ ബോധമുണ്ടാകും ആത്മീയ പ്രചാരകരാകാം അത് വേറെ കാര്യം അത് ഓരോ മതക്കാരുടെയും വിശ്വാസവും ആചാരങ്ങളുമാണ് അതൊക്കെ പ്രചരിപ്പിക്കുക കാരണം അതിന് സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന ഇരുപത്തിയഞ്ച് അതിന് സ്വാതന്ത്ര്യം അവരോട് ഇഷ്ടമുള്ള ആചാരങ്ങളും വിശ്വാസങ്ങളും എല്ലാം പ്രചരിപ്പിക്കും മറ്റൊന്നിനും നമുക്ക് ചോദ്യം ചെയ്യാനും അവകാശം പക്ഷെ ധർമ്മം എന്ന് പറയുന്ന ധർമ്മം എന്ന് പറയുന്നത് എന്താണ് ഈ അടിസ്ഥാനം പ്രമാണമെന്ന് പറയുന്നത് എന്താണ് അവസര സമർപ്പിക്കുന്നത് മനുഷ്യാന്ത സ്വാതന്ത്ര്യം അതിൻ്റെ എന്താണ് നിയന്ത്രണങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ന് വിദ്യാഭ്യാസത്തിന് രണ്ടാമത്സരം പിന്നെ അവിടെ വരുന്ന ഒന്നാണ് ഈ സ്ത്രീകൾക്ക് റിസർവേഷൻ വേണ്ടി വരുന്നത് എന്തുകൊണ്ട് വേണ്ടി വരും പ്പെട്ട സ്ത്രീകൾക്ക് റിസർവേഷൻ കഴിഞ്ഞു ഇതെന്ന് പറഞ്ഞാൽ എല്ലാ ജാതികളിലും സ്ത്രീകളെ പുറം തള്ളി പ്രത്യേകിച്ച് എന്റെ ജാതി എന്നൊന്നും അപ്പൊ സ്ത്രീകൾക്ക് സംഭരണം വേണമെന്ന് സ്ത്രീകൾ നിങ്ങൾ പറയും ഞങ്ങൾക്ക് ജാതി സംഭരണത്തിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങളെ അതൊക്കെ സ്ത്രീകളെന്ന് പറയും അത് വേണ്ട പക്ഷെ സ്ത്രീകളുടെ സംഭരണത്തിന്റെ കാര്യം പറയുമ്പോഴും വേണ്ടെന്ന് വേണ്ടതെന്ന് ഒരിക്കലും ഉയർന്നു വരാൻ പറ്റില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉയർന്നു വരണമെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഉയർന്ന കുടുംബത്തിൽ ഒക്കെ പിറന്നു എന്താണ് നെഹ്റുവിന്റെ മോളായോ ഇന്ദിരാഗാന്ധി വന്നത് വേറൊക്കെ വരാൻ പറ്റും അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രാജുവിന്റെ ഭാര്യ ആയതുകൊണ്ടായിരുന്നു സോണിയാഗാന്ധിയും ഇതൊക്കെ എല്ലാം മനുഷ്യർ കൊടുക്കും അങ്ങനെയൊക്കെയുള്ള കുടുംബ മഹിമയുണ്ടെങ്കിൽ സ്ത്രീകളൊന്നും അതിൻ്റെ ഒരു പ്രത്യേക പശ്ചാത്തലമാണ് അല്ലാ സ്ത്രീകൾക്കും വേറെ വേറെ എന്ത് വേണമെങ്കിലും റിസർവേഷൻ അങ്ങനെയാണെങ്കിൽ ജാതി സമ്മർദ്ദങ്ങൾ ഏർപ്പെടുത്തി എന്നുള്ളത് ഇനി വെച്ച് നിങ്ങൾ മനസ്സിലാക്കി നമ്മൾ പറഞ്ഞ പലർക്കും ഇഷ്ടപ്പെടും എന്റെ പിന്നിലുള്ള തത്വം ഇത് തന്നെയാണ് അപ്പൊ ഇതൊക്കെ ഭരണഘടന എന്ന് ഉറപ്പ് തരുന്ന കാര്യങ്ങളാണ് അത് അതിന്റെ കളവാണ് ഏതുവരെ ലക്ഷം ഇതൊന്നും ഒരിക്കലും നമ്മൾ ഒരു ധർമ്മശാസ്ത്രത്തിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല അതുകൊണ്ട് അവിടെ പറഞ്ഞിരിക്കുന്ന ധർമ്മം എന്ന് പറയുന്നത് കാലഘരണപ്പെട്ട ഇന്ന് നമ്മൾ പ്രചരിപ്പിക്കുകയാണെങ്കിൽ ഇന്നത്തെ ധർമ്മം പ്രചരിപ്പിക്കും ആ ധർമ്മം മുറിച്ച് നമുക്ക് യാതൊരു ബോധവും മനുഷ്യാവകാശം എന്തൊക്കെയാണ് മനുഷ്യാവകാശം ഹ്യൂമൻ റൈറ്റ്സ് റെസൊല്യൂഷൻ വായിച്ചിട്ടുള്ള ആരെങ്കിലൂടെയാണ് ഉണ്ടാക്കുക കേട്ടോ ആ പഠിക്കാൻ വേണ്ടി നിങ്ങള് എന്താണ് നിങ്ങൾ പഠിക്കുന്ന എന്തിനാ വെച്ച് കഴിഞ്ഞാൽ മാർക്ക് വാങ്ങിക്കാൻ വേണ്ടി കാണാം നിങ്ങളുടെ തല കേട്ട് മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതും കളയാ എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല അത് നിങ്ങൾ ഫിസിക്സിലല്ല ഫിസിക്സ് കെമിസ്ട്രിയും ബയോളജിയും ആത്മെറ്റിക്സും എല്ലായിടത്തും പഠിക്കുന്നത് തന്നെയാണ് നിങ്ങൾക്കൊരിക്കലും അതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണോ അതിൻ്റെ ഉപയോഗം എന്താണോ ജീവിതകാലം പഠിച്ചാലും മനസ്സിലാകത്തില്ല പഠിച്ചു കഴിഞ്ഞിട്ട് അവസാനങ്ങൾ പറയും പഠിച്ച് ഞങ്ങൾ മണ്ടരാനും കാരണം ഈ പഠിത്തമൊക്കെ എന്തിനു വേണ്ടിയിട്ടാണോ പരീക്ഷയ്ക്ക് പാസ്സാവാൻ ജോലികൾക്കാൻ വേണ്ടിയിട്ടാണ് അതല്ല ഈ പഠിത്തത്തിനൊക്കെ വേറെയൊക്കെ ലോകമാണ് അതുകൊണ്ട് അങ്ങനെ പഠിച്ചു എന്ന് ഒരു കാര്യം അത് മനസ്സിലാക്കാൻ വേണ്ടി പഠിക്കുന്ന എന്റെ ആപ്ലിക്കേഷൻ എന്താണെന്ന് മനസ്സിലാക്കും അങ്ങനെ മനസ്സിലാക്കുമ്പോ അതിന് അർത്ഥവർക്കാവും അത് നിങ്ങൾ പഠിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ധർമ്മം എന്താണ് തിരിച്ചറിവ് അത് തിരിച്ചറിയും പിന്നിൽ നിങ്ങൾ ധർമ്മപ്രചാരകരാകത്തില്ല അമ്മീപ്രചാരകരാണ് അനി പ്രചാരകരായാൽ നിങ്ങളെന്താ എന്ത് ധർമ്മമായിരിക്കും പ്രചരിപ്പിക്കുന്നത് മനുഷ്യാവകാശം എന്ന് പറയുന്ന ധർമ്മത്തെ കുറിച്ചായിരിക്കും നിങ്ങൾ പറയുന്നത് ഈവനമീകരിച്ച കാര്യം അതൊക്കെ കേൾക്കുന്നത് തന്നെ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് ഉച്ചമാണ് കാരണം എന്താ പറയുന്നത് മനുഷ്യ അവകാശം അതൊക്കെ നമ്മുടെ സംസ്കാരത്തിനെതിരായ സംഗതികളൊന്നാണ് പറയുന്നത് അതൊക്കെ അപകടം പിടിച്ച കാര്യങ്ങളെന്നാണ് പറയുന്നത് അതാണ് ധർമ്മം അതുകൊണ്ട് യഥാശാസ്ത്രം എന്ന് പറയുന്നത് എന്റെ അഭിപ്രായം ഈ പറഞ്ഞത് ഇതൊക്കെ ചവിറ്റുമുട്ടിക്കളയേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ കാലഘട്ടത്തിനാണ് ചോദിച്ച കാര്യങ്ങളെ ഈ പുരുഷന്മാർ മനസ്സിലാക്കിയിട്ട് പൊതുവർക്ക് ബുദ്ധിപുറവാണ് സ്ത്രീകളെങ്കിലും മനസ്സിലാക്കും എന്താണ് ഈ പറഞ്ഞത് ഞാൻ സ്ത്രീകളെല്ലാം പൊക്കാൻ വേണ്ടി പറഞ്ഞുണ്ടെങ്കിൽ അത്ര പൊങ്ങാനിക്കണം അയാൾ മനസ്സിലാകും എന്താണ് ധർമ്മ അതല്ല നമ്മള് നമുക്ക് പ്രചരിപ്പിക്കാൻ പറ്റിയ കാര്യങ്ങൾ എന്താണ് നമ്മുടെ പാരമ്പര്യ വിശ്വാസങ്ങളും ആത്മീയ ചിന്തകളും ആചാരങ്ങളും ഇത് രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം നമ്മുടെ ആത്മീയത എന്ന് പറയുന്നത് ഒരു ജീവിതശൈലിയാണ് ജീവിതശൈലി മാത്രമാണ് ആത്മീയത എന്ന് പറയുന്നത് എന്റെ ആത്മീയത എന്ന് പറയുന്നത് എൻ്റെ ഉള്ളൂ ധർമ്മം അങ്ങനെയല്ല ബ്രഹ്മത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഒരുപാട് സാമൂഹ്യ പ്രതിബദ്ധതയുണ്ട് അത് വ്യക്തിയിൽ മാത്രം നിൽക്കുന്ന സമൂഹത്തെ മുഴുവൻ അതാണോ ഭരണഘടന എന്ന് പറയുന്നത് ഇത് ഓരോ വ്യക്തിയുടെയും സമൂഹത്തിന്റെയും പ്രയോജനത്തിൽ വ്യക്തിയെ മാത്രം കണക്കിൽ നിൽക്കില്ല അവിടെ സമൂഹത്തിൽ നിങ്ങൾ കണക്കിലെടുക്കില്ല നിങ്ങൾ ആത്മീയക്കാരുടെ ആയ പരമാവധി എന്താകുന്നു പരമാവധി സ്വാർത്ഥനാണ് ധർമ്മ ബോധമുള്ളവനാണെങ്കിൽ നിങ്ങൾ എന്ത് അവിടെ നമ്മൾ സമൂഹത്തോടെ പരിഗണിക്കും ശരി ഇത്രയും ഒരുപാട് പറയാറുണ്ട് ആൾക്കാരെന്താ